സർവസ്യ ബ്രഹ്മസ്തിർവരും അറിയുന്നുണ്ട് ബ്രഹ്മത്മാവായാലും സർവോഹി ആത്മാസ്തിത്വം പ്രത്യേകിച്ച് സർവരും ആത്മാഅസ്തിത്വത്തെ അറിയുന്നുണ്ട് നാഹമസ്മിരി ആർക്കും ഞാനില്ലാന്ന് അനുഭവമില്ല എന്ന് ആത്മാഅസ്ത്വ പ്രസിദ്ധീസ് ആത്മാഅസ്തിത്വം അറിഞ്ഞില്ലെങ്കിൽ സർവ ലോകവും പ്രതികരും ഞാനില്ല എന്നറിഞ്ഞല്ലേ ആത്മാ ബ്രഹ്മന്ന് വെച്ച ആത്മാ ബ്രഹ്മയേവ ആത്മാവ് ബ്രഹ്മം ആത്മാവെന്ന് പറയുന്ന സാധനം ഉള്ളിലിരിക്കുന്നു അത് ബ്രഹ്മം തന്നെയാണെന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം പറയുന്ന ആത്മാവ ബ്രഹ്മ തഥ ത്വമാ സമാനാധിക ആത്മാ ബ്രഹ്മെന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഉള്ളിലിരിക്കുന്ന ആത്മാവ് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നിരിക്കട്ടെ അത് ബ്രഹ്മണെന്ന് എങ്ങനെ പറയും എന്താ വഴി ഏ അങ്ങനെ പറയും ശങ്കരാചാരം പറയും ഒരേ ഒരു വഴിയുള്ളു വേദം പറഞ്ഞു വേറെ ഒരു വഴി ഇല്ല ഉള്ളിലിരിക്കുന്ന ആത്മാവ് ബ്രഹ്മമാണെന്ന് പറയാൻ ഭേദമെന്താതെ ഒരു പൊന്നുമോയി വിചാരിച്ചാലും പറയാൻ പറ്റില്ല വേദമേ അത് പറയാൻ പറ്റാണ് തഹ ത്വമ തത്വമസയിലെ തദ് അതിനിയാണ് തതഹ തൊമ്മിന്റെ തൃതിയാണ് ത്വമ അപ്പൊ തത്തും തൊമ്മും തമ്മില് സമാനാധികം ഉണ്ടെന്ന് വെച്ചാൽ രണ്ടും കൂടി ഒരർത്ഥത്തെ പറയുന്നു തത്വം രണ്ട് ശബ്ദങ്ങൾ ചേർന്ന് എന്ത് ഒരർത്ഥത്തെ പറയുന്നു അതുകൊണ്ട് എന്ത് മനസിലാക്കണം ആത്മാവ് തന്നെയാണ് ബ്രഹ്മം അപ്പൊ ഇവിടെ ആത്മാവ് തന്നെയാണ് ബ്രഹ്മമെങ്കിൽ ബ്രഹ്മം നിത്യശുദ്ധബുദ്ധമാണെന്ന് നേരത്തെ പറഞ്ഞു നിർഗുണനിരാകാരമാണെന്ന് പറഞ്ഞു അത് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്നിരിക്കട്ടെ അതിന്റെ അഹം എന്നുള്ള അനുഭവം എങ്ങനെയുണ്ടാവും അങ്ങനെ ഉണ്ടാവും അതിനുള്ളിൽ ഇരിക്കുന്നു അനുഭവം എങ്ങനെയുണ്ട് അത് നിത്യം നിർഗുണ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മത്മാ ബ്രഹ്മമാണ് എങ്ങനെയാ എന്റെ അനുഭവം ഉണ്ടാവും ാണ് ശങ്കരാരാദ്യം പറഞ്ഞത് അധ്യാസം ഉള്ളത് കൊണ്ട് എന്നല്ല പറഞ്ഞു വിവരപ്പേട് പറയത് ആ അധ്യാസത്തിലൂടെ അഹമെന്ന അനുഭവം ഉണ്ടാവും അധ്യാസം സംഭവിക്കുന്നതുകൊണ്ട് അതിലൂടെ അഹമെന്നുള്ള അനുഭവം അത്യാസം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉള്ളിൽ ഈ പറയുന്ന ബ്രഹ്മം ഇരിക്കുന്നുണ്ട് എന്നാൽ ആ ബ്രഹ്മത്തിന്റെ സമീപത്തിൽ തന്നെ അനാദിയായിരിക്കുന്ന അവിദ്യയുടെ കാര്യമായ അന്ധക്കരണം ഇരിക്കുന്നത് അന്ധകരണമെന്ന് പറയുന്നത് അത് സ്വച്ഛമായ ശുദ്ധമായ ഒരു സാധനമാണ് കണ്ണാടി പോലെ ഇരിക്കുന്ന സാധനമാണ് അധ്യാസം എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിലൊരു ചേർച്ച വരുന്നു അകത്തിരിക്കുന്ന ശുദ്ധമായ ബ്രഹ്മവും ഈ അന്ധക്കരണവും തമ്മിലൊരു ചേർച്ച ഒരു താതാത്മ്യം വരുന്നു അപ്പൊ അതിശുദ്ധമായിരിക്കുന്ന ബ്രഹ്മവും ഈ പറയുന്ന അന്ധകരണം എന്തായാലും അതൊരു അവിദ്യ കാര്യമാണ് ഭൗതികമാണ് ഇത് രണ്ടും തമ്മിലിങ്ങനെ ചേരും ദ്യം ചോദിച്ചവഭാവും വെളിച്ചവും പോലെ വിരുദ്ധ സ്വഭാവമാണ് അന്ധകരണമെന്ന് ജഡമാണ് ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്ന അത് സത്വഗുണമായിക്കോട്ടെ എന്നാലും ഈ ആത്മാവെന്ന് പറയുന്നത് നിർഗുണമാണ് ബ്രഹ്മെങ്ങനെ ചേരും സമസ്യാണ് ഇത് ചേർന്നു കഴിഞ്ഞാല് എന്തുണ്ടാവും അഹമെന്നുള്ള അനുഭവം ഉണ്ടാവും അപ്പൊ അഹം എന്നുള്ള അനുഭവം നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഇത് ചേരുന്നേ മതിയാവും പക്ഷെ പരസ്പര വിരുദ്ധമായിരിക്കുന്ന എങ്ങനെ ചേരും വ്യത്യാസം എന്ന് പറഞ്ഞ ചേരുക അതെങ്ങനെ സംഭവിക്കും കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന മുതലിപ്പോ സൂര്യൻ കണ്ണാടിയിൽ പ്രതിബിംബിക്കും സൂര്യന് വെളിച്ചമുണ്ട് അതിനൊരാകൃതിയുണ്ട് കണ്ണാടിക്ക് ഒരു പ്രതലമുണ്ട് അവിടെ അതൊക്കെ സംഭവിക്കും ആത്മാവെന്ന് പറയുന്നതിന് എന്തെങ്കിലും വെളിച്ചമുണ്ടോ അതിനെന്തെങ്കിലും രൂപമുണ്ടോ അത് നിർഗുണമായൊരു സാധനമാണ് അതെങ്ങനെയാണ് ഈ എതിരെ പ്രതിബിംബിക്കുന്നത് എന്തൊക്കെ പ്രതിബിംബിക്കും എന്ന് പറഞ്ഞാൽ മതിയോ ഇതിനുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവന് അദ്വൈതം മനസ്സിലായിന്ന് പറയാം അതൊക്കെ ശരിയായിരുന്നു ആ പറയുന്ന സംഭവിക്കും അതാണ് പറയുന്നത് ജഡം അമരന്നിത്തിലും ചിത്തിലും ചിത്ത് ഉടലിലും അത് തന്നെ ജഡം ചിത്തിലും ചിത്ത് ജഡത്തിലും അമരുന്നു എന്ന് ഗുരു പറഞ്ഞിരിക്കുന്ന ഇത് തന്നെ ചിത്തം എന്ന് പറയുന്ന ശുദ്ധമായ സാധനം അത് ജഡത്തിലങ്ങനെ വരും ചേരും അമരുക എന്ന് പറയുന്ന അധ്യാസം അതിന് അദ്വൈതയുടെ കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് ഈ ചേർച്ച എന്ന് പറയുന്ന അനർവചനീയ താതാത്മ്യമാണ് എവിടെ ഉത്തരം മുട്ടുന്നത് അവിടെ എന്തു അനുരൂപചനീയ താതാത്മ്യ താതാത്മ്യമുണ്ട് പക്ഷെ അത് അനുരൂപചനീയമാണ് അനുരോചനീയെന്ന് പറഞ്ഞാൽ എന്താണ് ഏഹ് ആ താതാത്മ്യ ആ ബന്ധം സത്വന്നോ അസത്വന്നോ നിർവചിക്കാൻ കഴിയുന്നത് അപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാ ഇല്ല അതാണ് അന്ത ബുദ്ധി സത്തന്നോ അസത്തൊന്നും നിർവചിക്കാൻ കഴിയാത്ത ഒരു അനുരോചനീയ താതാമ്യം സംഭവിക്കുന്നു അങ്ങനെ സത്തന്നോ അസത്വന്നോ നിർവചിക്കാത്ത ഒരു അനുരോചനീയമായ ഒരു സാധനം ഉണ്ടോ എവിടെ എവിടെയാണുള്ളത് അവതാണെങ്കിലും പറഞ്ഞോ കുഴപ്പം എവിടെയാ ർപ്പം ഒരു മരീചിക ഇതിലൊക്കെ എന്താണോ സംഭവിക്കുന്നത് പോലെ അണൂവചനീയമായ ഒരു താതാമ്യം സംഭവിച്ചിരിക്കുക അപ്പൊ ഈ അനുരോചനീയമായ എന്തായാലും അനുരോചനീയമായിക്കോട്ടെ ഇത് രണ്ടും നമ്മുടെ താതാത്മ്യം സംഭവിക്കുമ്പോ ഈ പറയുന്ന ബ്രഹ്മത്തിന്റെ ചൈതന്യം ബ്രഹ്മം എന്ന് പറയുന്ന അറിവാണല്ലോ അറിവ് അന്ധകരണത്തിനും വരും ഇത് പരസ്പരം ചേരല്ലേ അതുകൊണ്ട് ഈ അന്ധകരണത്തിന്റെ ചില സ്വഭാവങ്ങൾ ഈ ചൈതന്യത്തിലേക്കും വരും അനുരുവചനീം എന്ന് പറഞ്ഞാൽ അത് വരുന്നതിന് കുഴപ്പമില്ല വാസ്തവത്തിൽ വന്നാലേ പ്രശ്നവും അനുവചനീയായ ബന്ധം എന്ന് പറഞ്ഞാൽ എന്തു വന്നാലും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല അങ്ങനെ രണ്ടും ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്കുള്ളിൽ അഹം എന്നുള്ള അനുഭവം അപ്പൊ അഹോ എന്ന് പറയുന്ന അനുഭവത്തിന് നേരെ ചോദിച്ചുള്ളൂ അഹോ എന്ന് പറയുന്ന അനുഭവത്തിന്റെ ആധാരമായി ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ അഹോന്ന് പറയുന്ന ആ അനുഭവത്തിന് ആധാരമായിരിക്കുന്നത് ആത്മാവല്ല പിന്നെന്താ ജീവാത്മാവ് നിരുപാധികമായ ബ്രഹ്മം അല്ല നിരുപാധികമായിരിക്കുന്ന അശുദ്ധമായ നിർഗുണമായിരിക്കുന്ന അതിനെ നമുക്ക് അഹമൊന്നറിയാൻ പറ്റില്ല പിന്നെ അതിനോട് ചേർന്നിരിക്കുന്ന കേവലമായ ജഡമായിരിക്കുന്ന അന്ധകരണത്തെയും അറിയാൻ പറ്റത്തില്ല ഇത് രണ്ടും ഇങ്ങനെ ചേർന്നപ്പോ അവിടെ സംഭവിച്ച ഒന്നിനെയാണ് പറയുന്നത് ജീവൻ ജീവാത്മാവ് എന്ന് പറയുന്നത് മനസിലായ അദ്വൈതത്തിലെ അടിസ്ഥാനപരമായ എന്താണ് പിന്നെന്തു പറയും പ്രക്രിയ ഇതിനാണ് പ്രക്രിയ എന്ന് പറയും ഇപ്പോ അധ്യാസം സംഭവിക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത് ജീവത്വം വരുന്നത് ജീവൻ എന്ന് പറയുന്ന ഒരു ഭാവം ഉണ്ടാവണം ആ ജീവനെന്ന് പറയുന്ന ഭാവത്തിലാണെന്തുവരുന്നത് അഹം എന്ന് പറയുന്ന അനുഭവം പൊട്ടിമോ അപ്പോഴാണ് ഞാൻ നമ്മളറിയും എങ്ങനെയുണ്ട് ബുദ്ധി ഉറക്കം തുടങ്ങിയ ശുദ്ധ ബ്രഹ്മ ചിത്ത് ചിത്തം എന്നല്ല പറയുന്നത് ശുദ്ധ ബ്രഹ്മത്തിന്റെ ചിത്ത് എന്ന് ചിത്തം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചിത്തം എന്ന് പറഞ്ഞാ ബ്രഹ്മം പറയുന്ന ചിത്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ശുദ്ധമായ അറിവ് ജഡോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തൊക്കെ രണ്ടും കൂടെ കൂടിക്കരണം കൂടിക്കരമ്പേക്ക് അവിടെ ജീവഭാവം ഉണ്ടായി അവിടെ ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടാകും ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടാകുമ്പോ ഞാൻ ദുഃഖിക്കും അപ്പോ ഈ ശുദ്ധമായ ബ്രഹ്മത്തിന്റെയും അന്ധകരണത്തിന്റെയും ഒരു കലർപ്പ് കൊണ്ടാണ് ഞാൻ സുഖിയും ദുഃഖിയും ഇരിക്കുന്നത് ഞാൻ എന്നുള്ള അനുഭവം ജീവാത്മാവെന്ന് പറയുന്നതും ഞാൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതും പുനർജന്മം സംഭവിക്കുന്നതും ഇത്തരം എല്ലാ കല്പനകളും ഈ അധ്യാസം കൊണ്ട് സംഭവിക്കുന്നു എന്നാണ് ആര് പറയുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ ഞാനെന്ന് പറയുന്ന ഈ അനുഭവം ഉണ്ടെങ്കിൽ പുനർജന്മുണ്ട് ജനിക്കാം മരിക്കാം ഗുരുദേവ സംഭവിക്കും വേറെ ഈ ർശന പറയുന്നുലിയായിട്ട് പറയുന്നത് അതും അത് പലയിടത്തും പറയുന്നുണ്ട് ഇവിടെ മാത്രമല്ല ഗദ്യത്തിൽ പറയുന്നുണ്ട് അവിടെ ഇത് തന്നെ പറയും അർത്ഥം ഇത് തന്നെ അധ്യാസം കൊണ്ടൊന്നു വരുന്നു മായ എന്ന് പറഞ്ഞു ആശ്രയിച്ചിട്ട് അന്ധക്കരണവും മറ്റുമെല്ലാം ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യുന്നു സുഖിയായിട്ടും ദുഃഖിയായിട്ട് ഇതുപോലെയൊക്കെ മോഹിക്കുന്നു അതാ ചിതാത്മാവാണോ സ്വന്തം മായവത്തിൽ ഇതൊന്നും ഇല്ല ഇതാണെന്ത് ചന്ദ്രായന് പറയുന്നത് ഇത് തന്നെയാണ് ഒരു വ്യത്യാസം ഈ രാശി അത് പറയുന്നിടത്തേ കണ്ടക്കരണെന്ന് പറയും ചിലയിടത്ത് മായ എന്ന് പറയും ചിലടത്ത് അവിദ്യ എന്ന് പറയും ഇങ്ങനെ പല കാര്യങ്ങളും പറയും എല്ലായിടും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ആത്മാവും അനാത്മാവും രണ്ടും തമ്മിൽ ഇങ്ങനെ ചേരുന്നു ചേർന്നു കഴിയുമ്പോ അഹംബോധം ഉണ്ടാവും ആർക്കോധമുള്ളത് ബ്രഹ്മത്തിനാണോ അതോ അന്ധകരണത്തിനാണോ ജീവനും അതെവിടുന്നു വന്നു അത്യാസം കൊണ്ട് ജീവഭാവം കൊണ്ട് ഓരോന്ന് ജീവത്വം കെടുവന്നേ എവിടെയാണ് ജീവത്വം സ്വാനുഭവീ ജീവത്വം കൊണ്ടാന്ന് വെച്ചാൽ അധ്യാസം നശിക്കുരുടെ ഒരു ട്രാജി ഭയങ്കര ഇങ്ങനെ നമ്മളെ പോലുള്ള പണ്ടന്മാരെ പഠിക്കുന്നു അപ്പോഴെടുത്ത് നോക്കി മനസ്സിലാക്കി വിദ്യാർത്ഥിയോട് ജീവിത അത് വേറെയും പറയുന്നുണ്ട് എന്താണ് മുലാതിരസ്കൃതി വരെയുള്ള എല്ലാം ജഡവും രണ്ടും ചേർത്തിരിക്കുന്നുണ്ടാവുമ്പോൾ ഇങ്ങനെ ചെറിച്ചുകൊണ്ടിരിക്കുന്ന ചിത്ത ബോധം ഏ ചിത്തു പറഞ്ഞ പറഞ്ഞ ബ്രഹ്മം ബ്രഹ്മം പക്ഷെ അവിടെ ഒരു എനിക്ക് ക്ലിയർ ആയിട്ടില്ല അത് എവിടെയാണ് ഈ പിന്നെ ഗദ്യമോട് ഈ ഭൂലോകത്തിൽ ബഹുജനം അതല്ലാണെന്നും അപ്പൊ പറഞ്ഞു ഡേ അണു മുതൽ ആനവരെയുള്ളവയൊക്കെ ഇളകി നടക്കുന്നു പുല്ലു മുതൽ ഭൂ ഭൂരപര്യന്തം നിലയിൽക്കുന്നു ിന്മയമെന്ന് പറയും അതുകൊണ്ട് ചിത്തമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട് അന്ധക്കരണം ഇന്ദ്രിയങ്ങൾ അതൊക്കെ അന്ധക്കരണം എല്ലാം ചൈതന്യമായിട്ട് അഭ്യാസം കൊണ്ട് ഇതിലെല്ലാം ചൈതന്യം ആവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനെല്ലാം ചിത്തന്ന് പറയും ബാക്കി കാണുന്ന പാറയും മറ്റും ഒക്കെ ജഡം അതൊക്കെ ജഡം ആ സമയം ഉള്ളിലിരിക്കുന്ന എത്രയുള്ളു ഉള്ളിലിരിക്കുന്നതൊക്കെ ചിത്ത് അല്ലെങ്കിൽ ചിന്മയം പറയും ഈ പുറമേ ഇരിക്കുന്ന ഒക്കെ എന്ത് ജഡം അങ്ങനെയും ാണ് ഇവിടെ പറയുന്നത് എന്താണ് അതിന് വാമതികാരം പറയും ചൈതന്യം എന്ന് പറയുന്ന ആകാശം പോലെയും അന്ധക്കണ്ണൂന്ന് പറയുന്നത് പാത്രം പോലെയും അപ്പൊ പാത്രം കൊണ്ട് അവച്ഛിന്നമായതാണ് ആകാശം എന്ന് പറഞ്ഞാൽ പാത്രം കൊണ്ട് പരിമിതപ്പെട്ടതാണ് ആകാശം അതുപോലെ നമ്മുടെ എന്റെ ഉള്ളിലിരിക്കുന്ന അന്ധക്കണ്ണം കൊണ്ട് എന്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മം പരിമിതമായി അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്നു ഞാനെന്ന് പറയുന്നു ഞാൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ബുദ്ധി എന്റെ ഇന്ദ്രിയങ്ങള് എന്റെ ശരീരം ഇത്രയും എനിക്ക് എന്റെ ഈ അന്ധക്കർണം ഈ എന്റെ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യത്തെ ബ്രഹ്മത്തെ പരിമിതമാക്കിക്കളു പരിമിതമാക്കി അതുകൊണ്ടാണ് ഓരോരുത്തരും വേറെ വേറെ അറിയുന്നു വേറെ ആള് ഞാനെന്ന് പറയുമ്പോൾ അയാളുടെ ിയവും അന്ധക്കരണവും കൊണ്ട് പരിമിതമാക്കിയ രേതീന്യത്തെയാണ് അറിയുന്നത് ഓരോരുത്തരും അങ്ങനെ അറിയും അതുകൊണ്ടാണ് ഒരാളുടെ അനുഭവം വേറൊരാൾക്കില്ലാത്തത് മറ്റും ഒരാൾ കരയുമ്പോൾ വേറൊരാൾ ഒന്നുകൊണ്ട് കരയുന്നില്ല എല്ലാം ആത്മാവ് ഒന്നാണെങ്കിലും അവിടെ അവച്ഛേദകത്തിന് വരുന്ന വ്യത്യാസം അന്ധക്കരണം ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം ഓരോരുത്തർക്കും വേറെ വേറെയാണ് അവച്ഛേദെന്ന് പറയുന്നത് എന്താണോ പരിമിതപ്പെടുത്തുന്നത് അതിന് വ്യത്യാസമുള്ളതുകൊണ്ടെന്തോരുന്നു സുഖദുഃഖങ്ങളെല്ലാം പലർക്കും പലതരത്തിലാണ് മനസ്സിലായുവെച്ചാൽ ഈ അഹമെന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്നത് എങ്ങനെ വരുന്നു എന്ന് വിശദീകരിക്കുന്നതിന് ഇവർ ആദ്യം കണ്ടെത്തിയ ഒരു സാധനമാണ് അന്തക്കരണം എന്ന് പറയുന്ന ഒരു വസ്തു ഒരു പദാർത്ഥം അന്ധകരണം എവിടുന്നു വന്നു എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത് അത് മായയിൽ നിന്നുള്ള പരിണാമങ്ങൾ കൊണ്ടാണ് അന്ധകരണം പഞ്ചബോധങ്ങളൊ പിന്നെ ഈ അന്ധകരണം മാത്രം കൊണ്ട് അഹോന്നുള്ള അനുഭവം വരുമോ ഇല്ല അത് കാരണം അഹോന്ന് പറയുന്ന അനുഭവം ബോധം കോൺഷ്യസ്നെസ് ആണ് ഈ കോൺഷ്യസ്നെസ് അപ്പൊ എവിടെ നിന്ന് വന്നു അതിനാണ് അവര് പറഞ്ഞത് അവിടെ ശുദ്ധമായൊരു ചൈതന്യം ഉണ്ട് ശുദ്ധമായൊരു ചൈതന്യത്തിൽ നിന്നാണ് ബോധം വരുന്നത് എന്ന് പറയുന്നിടത്ത് ആ ശുദ്ധമായ ചൈതന്യം അതിനെയാണ് അവര് വിളിക്കുന്നത് ബ്രഹ്മം അത് എവിടെയാ അതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അധ്വേനിയും അധ്വനി പിണക്കും അധ്വൈനി പിണങ്ങും പിണങ്ങും പിണങ്ങും അദ്വൈതി പണ കാരണം എന്തുകൊണ്ട് ആ ശുദ്ധമായ ചൈതന്യത്തിൽ നിന്ന് ഇങ്ങോട്ട് ചൈതന്യം വന്നെന്നൊക്കെ പറയുന്നത് വിശദീകരിക്കാൻ വലിയ പാടാണ് അപ്പൊ അങ്ങനെ ശുദ്ധമായ ഒരു ബ്രഹ്മം ഉണ്ട് അതിന് എന്റെ ഉള്ളിലിരിക്കുന്ന അന്ധകരണവുമായി താതാന്യം വന്നെന്ന് പറയുന്നത് അദ്വൈതിയുടെ ഒരു കല്പന മാത്രമാണ് മറിച്ച് ഉള്ളിൽ അഹമെന്നുള്ള ബോധം വരുന്നതും സുഖദുഃഖാനുഭവങ്ങളെല്ലാം വരുന്നത് എങ്ങനെ വരുന്നു ബ്രെയിൻ കൊണ്ടാണെന്നാണ് ന്യൂറോ സയൻസ് പറയുന്നത് അപ്പം പിന്നെ ന്യൂറോ സയൻസ് അങ്ങനെ പറയുന്നിടത്ത് ഈ പറയുന്ന അദ്വൈതിക്ക് എന്തെങ്കിലും സാധനമുണ്ടോ രണ്ടിൽ രണ്ടു വഴിയെന്ന് ഞാൻ പറയുന്നു പ്രയാസപ്പെട്ടിട്ട് കാര്യമുണ്ട് ദുഃഖിച്ചിട്ട് കാര്യമുണ്ട് ും രണ്ടും വഴിയാണ് ഇനി പുറത്തുപോയി എന്ത് പറയുമെന്നായിരിക്കും ആലോചിക്കുന്നില്ല ഇതൊന്നും പറയാൻ പറ്റത്തില്ല പഠിച്ചത് പണ്ട് കാര്യത്തിലുള്ള കൺഫ്യൂഷനും വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത് അവർക്കും വഴിയാണ് അപ്പൊ ഈ അന്ധകരണത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്ക് അഹ അനുഭവം ഉണ്ടാവുന്ന അതായത്യത്തിന്റെ കേവലമായ ഈ ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാ ബ്രഹ്മം എന്ന് പറഞ്ഞത് കേവലമായ ഈ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നും നമുക്ക് ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടാകത്തില്ല ജ്ഞാനം എന്നുള്ള അനുഭവം ഉണ്ടാവണമെങ്കിൽ എന്തുവേണം അവിടെ അന്ധക്കരണത്തിന്റെ സാന്നിധ്യം വേണം അന്ധക്കരണം ഇടുന്നവരും അത് മായി നിന്നും വന്നതാണ് എന്നാണ് അന്വീതി പറയുന്നത് സത്യത്തിൽ സത്യത്തിൽ അതൊന്നുമില്ല എല്ലാം അനൗപചനീയമാണ് ഒന്നേളൂന്യം മനസിലാകിപ്പോ മനസിലാക്കില്ല മനസിലാകാത്തത് എന്തെന്നു വെച്ചുകഴിഞ്ഞാല് ഇന്നത്തെ ആധുനികമായ മനുഷ്യൻ വിദ്യാഭ്യാസമുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാ ഇതൊക്കെ അങ്ങനെ ഉൾപ്പെടാം പ്രയാസമാണ് പിന്നെ കൊറേ പേരൊക്കെ കേട്ടോണ്ടിരിക്കുന്ന എന്തിന്റെ പേരില് ം അതിന്റെ ഭാഗമാണിത് സാക്ഷിത്വ സാക്ഷിത്വം അതെങ്ങനെയായിരിക്കും ഇതുപോലെ തന്നെ ഈ ബ്രഹ്മം തന്നെ എന്ത് ചെയ്യുന്നു ഉള്ളിലുണ്ടാകുന്ന സുഖ ദുഃഖങ്ങൾക്കെല്ലാം സാക്ഷ്യാക്ഷ കാരണം ഈ ബ്രഹ്മം എന്ന് പറയുന്നത് നിർഗുണനിരാകാരമാണ് അതൊന്നുമായിട്ട് ഒരു ബന്ധമില്ല അങ്ങനെ ഒന്നും ബന്ധമില്ലായിരിക്കുന്നത് ഉള്ളിലെ സുഖദുഖങ്ങളെയൊക്കെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു സാക്ഷിയായിട്ട് അറിയുന്നു സാക്ഷിയായി ആ സാക്ഷിയായിട്ട് ഏഹ് അല്ല അന്ധക്കരണത്തിനവിടെ റോളില്ല അന്ധക്കരണത്തിനവിടെ റോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സുഖം ദുഃഖമൊക്കെ ഇതിനുണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് അന്ധകരണത്തിന്റെ ജോലി വന ഇരുന്ന് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളൊരു ടി വി സ്ക്രീനിൽ ടി വി സ്ക്രീനിൽ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു അതായത് അവിടെ സിനിമ എന്ന് പറയുന്ന അത് ഉണ്ടാക്കുന്നതിന് നമുക്കൊരു പണിയില്ല അവിടെ പ്രൊജക്ടറുണ്ട് ആക്ടറുണ്ട് എഡിറ്ററുണ്ട് എല്ലാ പരിപാടികളും ചെയ്യുന്ന വേറെ ആൾക്കാരാണ് അതിന് ആ ജോലിയാണ് എന്തിന് അന്ധക്കരണത്തിന് നമ്മളെന്ത് ചെയ്യുന്നു അതിന്റെ മുമ്പില് സാക്ഷിയായിട്ടിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഈ അന്ധക്കരണത്ത് നടക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ഒരു സാക്ഷിയായി കണ്ടുകൊണ്ടേയിരിക്കും പിന്നെ ഒരു ചെറിയ വ്യത്യാസമുള്ളു ടിവിയില് ആ പരിപാടി എല്ലാം നടക്കണമെങ്കിൽ അവിടെ കറണ്ട് വേണം എന്നാലേ കാണാൻ പറ്റൂ ഇവിടെ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന സാക്ഷി തന്നെയാണ് കറണ്ട് കൊടുക്കുന്നത് അത് ജഡവമാണ് അപ്പതിന് കറണ്ട് ഇവിടെ നിന്ന് കിട്ടും ആ ടി വിക്ക് അത് സാക്ഷി തന്നെ കൊടുക്കും സാക്ഷി കറണ്ട് കൊടുത്തിട്ട് സാക്ഷി തന്നെ ഇത് കണ്ടുപോകും സാക്ഷിക്ക് ഈ കറണ്ട് കൊടുക്കുക എന്ന് പറയുന്ന സാക്ഷിക്ക് വേറെ ഒരു പണിയില്ല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ടി വി വർക്ക് ചെയ്തോ പിന്നെ ഈ ടി വി മറ്റേ എന്ന് പറയുന്നത് നമ്മൾ കാണാൻ ഇല്ലെങ്കിലും അത് വർക്ക് ചെയ്യും മനസിലായോ നമ്മൾ കാണാനില്ല വീട്ടിൽ ഓണ ടി വി ഓണാക്കി വെച്ചു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്തുകൊണ്ട് ഇതങ്ങനെയല്ല നമ്മൾ കറണ്ട് കൊടുക്കുന്നുണ്ട് നമ്മളടുത്തില്ലെങ്കിൽ എന്തു ചെയ്യും വർക്ക് ചെയ്യത്തില്ല ഇതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളടുത്തിരുന്നാല് എന്തു ചെയ്യോ സാക്ഷി എടുത്തിരുന്നാലേ ഈ ടി വി വർക്ക് ചെയ്യത്തു അതുകൊണ്ട് അതിന് കറണ്ട് കൊടുക്കുന്ന ജോലി ആണ് ഇത് തന്നെ പറയുന്നത് ഈ ഭൗമതികാലം പറയുന്നതന്നെ എല്ലാവരും ചൈതന്യം മാത്രം സാക്ഷിയെന്ന് പറയുമ്പോ അതിലൊന്നുകൂടെ ഉണ്ട് സാക്ഷിയെന്ന് പറയുമ്പോ അവിടെ ഒരു സാക്ഷ്യം കൂടെ വേണം വീക്ക്നസ് പറയുന്ന കേളാ അതീം പറയുന്ന കേളാ പാരലായി ചിന്തിക്കാതെ പാറലായി ചിന്തിച്ചാൽ വിവരൊക്കെ ഇടായി പോകും പറയുന്ന കേൾ സാക്ഷി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സാക്ഷ്യം കൂടെ വേണം സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സാക്ഷിക്ക് കാണാനുള്ള എന്തെങ്കിലും ഒരു വസ്തുവിടെ വേണം എന്നാലതിനെ സാക്ഷി എന്ന് പറയാൻ പറ്റും മനസിലായോ ഞാനിപ്പോ എവിടെയിരിക്കുന്നു ഞാൻ സാക്ഷിയല്ല നിങ്ങൾ രണ്ടേരും കൂടെ അങ്ങോട്ട് ചോട്ടാ അടിയൂടി കഴിഞ്ഞാൽ ഞാൻ സാക്ഷിയാവും ഇല്ലെങ്കി പിന്നെ ഞാൻ അങ്ങനെ സാക്ഷിയാവും അതുപോലെ ഈ അന്ധക്കണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും അതിനെ കാണുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അതിന് സാക്ഷിയാവുന്നത് ഞാനെന്നു വെച്ചാൽ ആത്മാവ് മനസിലായോ അപ്പൊ സാക്ഷിയായിരിക്കാന്ന് പറഞ്ഞാൽ സാക്ഷ്യം ഉള്ളപ്പോഴേ സാക്ഷിയാവൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ സാക്ഷിയല്ല നിർഗുണനിരാകാര ബ്രഹ്മം മനസ്സിലായോ നിർഗുണനിരാകാരമായ ബ്രഹ്മം അപ്പൊ സാക്ഷിയാവണെങ്കിൽ സാക്ഷ്യം വേണം എന്നുവെച്ചാൽ രണ്ടുപേരടി കൂടിയാലേ മൂന്നാമതിരുത്തൽ സാക്ഷിയാവും എന്നെപടി സാക്ഷിന്ന് പറയുന്നതുകൊണ്ട് പിന്നെ എന്തിനാണ് സാക്ഷിയാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്ധകരണത്തിന്റെ സുഖ ദുഃഖാദികൾക്കാണ് സാക്ഷിയാകും സാക്ഷിയാവും അതിലും ഇപ്പോ ക്ലോക്കിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ സാക്ഷിയല്ല ഇവിടെ ഞാൻ സാക്ഷിയില്ല ഞാൻ ആരാണ് ഇവിടെ ഞാൻ പ്രമാതാവെന്ന് പറയുന്നു പുറമേയുള്ള ഒരു വസ്തുവിനെ എന്റെ ഇന്ദ്രിയങ്ങളിലൂടെ കാണുകയാണ് അപ്പൊ ഞാൻ ഇവിടെ പ്രമാതാവാണ് സാക്ഷിയത് എന്റെ ഉള്ളിലുള്ള വസ്തുക്കള് സുഖമാണോ ദുഃഖമാണോ എന്താണോ എന്റെ അന്ധകരണത്തെയാണ് അതൊന്നും അതിന് അത് പ്രമാതാവല്ല അവിടെ സാക്ഷിയാണ് പ്രമാതാവ്ന്ന് പറയുമ്പോ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളൊക്കെ ഞാൻ പ്രമാതാവും ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത് പ്രക്രിയ എന്ന് പറയും ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഇനി ഇത് രണ്ടുമല്ലോ നിന്ന് പറയുന്നത് ധ്യാനിക്കുന്നവര് ധ്യാനിക്കുന്നതിനാണ് നിത്യാസം അത് ഇതൊക്കെ ധ്യാനിക്കാം കൊഴപ്പൊന്നുമില്ല പക്ഷെ സാക്ഷി വരെ ഇനി സാക്ഷ്യമില്ലെങ്കിൽ അവിടെ സാക്ഷിയില്ല സുഷുത്തി എടുത്തുകഴിഞ്ഞാൽ സുഷ്ട അജ്ഞാനം ഉണ്ടെന്നാണ് അങ്ങനെ അജ്ഞാനത്തിന് സാക്ഷിയാവും അജ്ഞാനത്തിന് ഈ ആത്മാവ് സാക്ഷിയാവും പിന്നെ അവിടെ അജ്ഞാനം ഇല്ലെങ്കിൽ അവിടെ സാക്ഷിയില്ല കേവലം ദുർഗുണമായ ബ്രഹ്മം അതിനൊക്കെ അദ്ദേഹത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് അപ്പൊ എങ്ങനെ ഞാനെന്നുള്ള അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളതിന് അദ്വൈതി കണ്ടെത്തിയ സമാധാനമാണ് മായയും അന്ധക്കരണവും അത്യാസവും എന്നാൽ ഇത് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതെല്ലാം പരിഹരിക്കാം ഇതിനെല്ലാം പകരമാകും മനസിലായോ അതിന് പകരം ബ്രെയിൻ കൊണ്ടുപോകുന്നില്ല അപ്പൊ ഇതിൽ രണ്ടിലേത് സ്വീകരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് മായ മായയിൽ നിന്നുള്ള അന്ധക്കരണം അതുമായിട്ടുള്ള താതാമ്യം സാക്ഷിയാകുക ഇതിനെ സ്വീകരിക്കും അതോ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളാണ് സ്വാതക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലേദിന സ്വീകരിക്കും അന്ധക്കരണം മായ അഭ്യാസം സാക്ഷി കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിനെ സ്വീകരിക്കുമോ അത് ബ്രെയിൻ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ബ്രെയിൻ ബ്രെയിനിന്റെ ആയിരിക്കും അറിഞ്ഞിരിക്കുക പക്ഷേ ബ്രെയിന്റെ രീതിയിൽ അറിഞ്ഞിരിക്കുക അതായത് ഈ പറയുന്ന മെഡിറ്റേഷൻ ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങള് ന്യൂറോ സയൻസിൽ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് മനസ്സിലെ കുറിച്ച് പഠനം നടത്തുന്നതാണ് ഇന്ന് അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ഇവരൊക്കെ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ചികിത്സയുടെ ഭാഗമായിട്ട് വച്ചിരിക്കാണ് അപ്പൊ മെഡിറ്റേഷൻ എന്നു പറയുന്ന ആരും തള്ളി കളയുന്ന കാര്യമുണ്ട് പക്ഷേ എന്താണ് വ്യത്യാസം അവര് ഈ ആത്മാവിനെ ധ്യാനിക്കില്ല അവർക്ക് ആത്മാവില്ല ബ്രഹ്മമില്ല നിർഗുണനിരാകാര ബ്രഹ്മത്തെ അല്ല അവർ ധ്യാനിക്കുന്നു അവയർനെസ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി അവര് ഈ ന്യൂറോ സയൻസിൽ നിന്നുകൊണ്ട് തന്നെ മൈൻഡ് ഫുൾനെസ് പോലെയുള്ള ധ്യാനപ്രക്രിയകളെല്ലാം സ്വീകരിക്കും അപ്പോ അവിടെ ധ്യാനം വേറെയാണ് മനസ്സിലായി ലോകവ്യാപകമായി ഉപയോഗിക്കുന്നത് ഈ ബ്രഹ്മെന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ വച്ചുകൊണ്ടുള്ള ധ്യാനം അല്ല അതാണ് വ്യത്യാസം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രഹ്മെന്ന് പറയുന്നൊരു ഏർപ്പാട് ഒരു കഥ കഥയെന്നുള്ളതിനൊക്കെയുണ്ട് മനസിലായോ ഒരു കഥയെന്നുള്ളതിനപ്പുറം അവന് അവരൊന്നും ഒരു വിലയും കല്പിക്കുന്നില്ല ബോധമെന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കുന്നുണ്ട് അറിവ് കോൺഷ്യസ്നസ് അവയർനസ് ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ട് ഇനി നിങ്ങള് അവയർനെസ് കോൺഷ്യസ്നസ്സിന് ബ്രഹ്മം എന്ന് പേരിടുകയാണെങ്കിൽ വിരോധമൊന്നുമില്ല മനസ്സിലായോ ആ അവയർനെസ്സിന് പിന്നില് സാക്ഷിയായി വേറൊരു സാധനമുണ്ട് ബ്രഹ്മം ഉണ്ടെന്നും പറഞ്ഞാൽ അംഗീകരിക്കില്ല അവിടെയാണ് വ്യത്യാസം അതുകൊണ്ട് ധ്യാനം മെഡിറ്റേഷൻ എന്ന് പറയുന്നൊക്കെ മനുഷ്യർക്കൊന്നും സർവ്വസാധാരണമായി എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എന്തുകൊണ്ട് മനുഷ്യന് സ്ട്രെസ് ഉണ്ട് ഒരുപാട് അപ്പൊ സ്ട്രെസ്സിന്റെ ഒരു പരിഹാരമായിട്ട് ധ്യാനം എല്ലാവരും സ്വീകരിക്കുന്നു ആ അപ്പൊ അതുകൊണ്ട് ധ്യാനത്തിനൊന്നും ഒരു പ്രശ്നമില്ല അതെല്ലാരും സ്വീകരിക്കുന്നതാണ് പക്ഷെ പക്ഷെ ബ്രഹ്മം അതിനുമായിട്ട് ബന്ധപ്പെടുത്തുക നമ്മള് പറയുന്ന ആത്മാവ് അതുമായിട്ട് ബന്ധപ്പെടുത്തത്തില്ല അല്ലാതെ ധ്യാനവും മറ്റു കാര്യങ്ങളും ഒക്കെ ശരി തന്നെയാണ് ബ്രഹ്മന്ന് പറയുന്ന കൺസെപ്റ്റ് വേടല്ല ബ്രഹ്മെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുണ്ടല്ലോ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ന്യൂറോ സയൻസിന് അങ്ങനെ ഒരു സാധനം അവരുടെ കളിയല്ല എവിടെ നിന്നുകൊണ്ടാണ് കോൺഷ്യസ്നസ് അവയർനസ് ഇതിൽ നിന്നുകൊണ്ടാണ് എല്ലാവർക്കും അതൊക്കെ അവര് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല ഞാൻ അവരൊരു എന്താണ് ബ്രെയിൻ കൺസ്ട്രക്ട് ആയിട്ട് എടുക്കും അവര് ബ്രെയിൻ മോഡലായിട്ട് എടുക്കും അതൊക്കെ അംഗീകരിച്ചല്ലേ പറ്റും നമ്മൾ എന്ന് പറയുന്ന അനുഭവം നോക്കില്ലേ അതിനാർക്ക് തള്ളിക്കളയാൻ പറ്റില്ല അവയർനസ് അയ്യെന്താ ഒരു സ്വീകരിക്കും പക്ഷെ അന്ധകരണവും കൂടസ്ഥ ബ്രഹ്മവും തമ്മിലൊരു ഇടപാടുണ്ടായി അയ്യുണ്ടായിരുന്നു പറഞ്ഞാൽ അവർ സ്വീകരിക്കും ആ വ്യത്യാസം മനസ്സിലാവും എന്താ ധ്യാനത്തിനൊന്നും ഇതിലല്ല ഒന്ന് അത് അവർ സ്വീകരിക്കുന്നത് എന്താണ് പ്രാക്ടീസ് എന്നുള്ള അതിനൊക്കെ സ്വീകരിക്കുന്നുണ്ട് വിവാസന സ്വീകരിക്കുന്നതിനെന്താ കുഴപ്പം അവിടെ ബ്രഹ്മത്തെ കൊണ്ടുവരുന്നില്ലല്ലോ അവയർനെസ്സെന്ന് പറഞ്ഞാൽ അവർ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമല്ലേ അതിനും പ്രശ്നമൊന്നുമില്ല നിവാസന ബുദ്ധിസ്റ്റ് സമ്പ്രദായം ആയോണ്ട് അവിടെ ബ്രഹ്മത്തെ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് പ്രശ്നമില്ല ബ്രഹ്മത്തെ സ്വീകരിച്ചാലാണ് പ്രശ്നം നിർഗുണനിരാകാരമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രശ്നം പിന്നെ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ അതും അവർക്കൊരു പ്രശ്നമുണ്ടാവും കാരണം അവിടെ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല ബ്രഹ്മെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ബ്രഹ്മം ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ് എന്നുള്ള ധ്യാനിച്ചുകഴിഞ്ഞാൽ ആ ബ്രഹ്മത്തിന് നമ്മള് സാക്ഷാത്കരിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരും അവയർനെസ് ചെയ്യുന്ന തടസ്സമായിട്ട് അതൊക്കെ പ്രശ്നമായി വരും മറിച്ച് ബ്രഹ്മന്ന് പറഞ്ഞാൽ അവേർനെസ് തന്നെ പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലാത്തത് അവളെ ഇല്ലാത്തതാണെന്ന് അവര് പറയത്തിണ്ട് അത് ഗുരു അങ്ങനെ പറഞ്ഞ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് ആകൃതി രൂപമൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലായത് അല്ലാന്ന് പറഞ്ഞാൽ അതിന് ഫോട്ടോ ഇല്ല എന്തുകൊണ്ട് ഫോട്ടോ ഇല്ല അതിന് നിറമില്ലാ രൂപമോല ബ്രഹ്മത്തെ കുറിച്ച് പറയും പോലെ ആ അർത്ഥത്തിലാണതില്ലെന്ന് പറഞ്ഞു അങ്ങനൊരർത്ഥം അതിനുണ്ട് കാരണം അവര് പ്രധാന ആശയം ആ രീതിയിൽ പറഞ്ഞാണ് അവര് പറയുന്നത് അവര് ഭാഗികമായി അംഗീകരിക്കും മനസിലായോ അവർ ഭാഗികമായി അംഗീകരിക്കുന്ന ദൈവത്തിന് വിഗ്രഹമില്ല രൂപമില്ല അതവരംഗീകരിക്കും എന്നാൽ അത് അംഗീകരിക്കുമ്പോൾ ഒരു ഏഴാകാശത്തിന്റെ അപ്പുറത്ത് ദൈവത്തിന് ഇരിക്കാൻ അവരും അപ്പൊ രൂപം ഇല്ലാത്ത ഒരാളെങ്ങനെ ആകൃതിയില്ലാത്ത ഒരാളെങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിച്ചാൽ അത്തരം കാര്യങ്ങളൊന്നും അവർ ചിന്തിച്ച് എന്താണോ കഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ അവർ വിശ്വസിക്കുന്നു വിശ്വസിക്കുകയാണ് ആ ഏഴാകാശത്തിന്റെ അപ്പുറത്ത് ഈശ്വരയിൽ കൊണ്ട് നവി നേരിട്ട് പോയി കണ്ടും അപ്പൊ അതെങ്ങനെ ഇരിക്കും അവിടെ ശരീരമില്ലല്ലോ ശരീരം പക്ഷെ അവിടെ ഇരിക്കും അതൊരു പ്രശ്നം ഉണ്ടല്ലോ അത് പ്രശ്നമാക്കണ്ട ക്രിസ്റ്റോളാന്ന് പറയുകയും ചെയ്യും സ്വർപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതിയായി പരസ്പര വിരുദ്ധ അല്ല ക്രിസ്ത്യൻസ് പറയുന്നതിനുള്ള വ്യത്യാസം ഈ ഗോഡെന്ന് പറയുന്നത് പിതാവ് എന്ന് പറയുന്ന ഒന്നുണ്ട് അത് അരൂപിയാണെന്നും പറയും അരൂപി എന്ന് വിളിക്കും ഞാനൊരു രൂപമൊന്നുമില്ല പക്ഷെ ഒരു സ്ഥലമുണ്ട് ഒരു ലോകം ഏത് അത് വേറെയാണ് ഏത് ഹെവൻ അങ്ങനൊരു സ്ഥലമുണ്ട് അവിടെ പോകാനുള്ള വഴിയുണ്ട് അവിടെ ചെന്നിട്ട് അങ്ങ് അകത്ത് ഇതും പറയും അത് അവരുടെ തിയോളജി ിയോളജി അങ്ങനെ പറഞ്ഞിരിക്കുന്നു അവർക്ക് അരൂപിയായ ഒരു ദൈവത്തെ സ്വീകരിക്കാം ഹെവനന്ന് പറയുന്ന അതുപോലെ തന്നെ അവളെ പഠിക്കാൻ പോയി കഴിയുമ്പോ അവര് ആദ്യം എന്താ പറയുന്ന പറയും അതായത് നിങ്ങളുടെ ഐഡിയ വട്ട് എവർ ദ ചർച്ച യു ഫോളോ ഏഹ് വിശ്വാസമാണ് നേരിട്ടങ്ങ് പറയും ക്രൈസ്റ്റർ കാരണം പല ഇതുണ്ടല്ലോ ഡിനോമിനേഷൻസ് പല ചർച്ചുകളുണ്ടല്ലോ നമ്മളൊരു സക്തി ചെന്ന് കഴിഞ്ഞാ അവര് പറയുന്ന അംഗീകരിക്കണം മറ്റുള്ളവർ പറയുന്ന നിങ്ങളിപ്പോ കാത്തലിക്സ് പന്തക്കോസ് പറയുന്ന അംഗീകരിക്കും അത് പിന്നെ റോമൻ ഹീമൻ പലതില്ല അവർ ഒരാൾ പറയുന്ന വേറെ ഇതൊന്നും ഒരാൾ പറയുന്ന വേറെ അംഗീകരിക്കില്ല ആരാധന വേറെ പ്രാർത്ഥന വേറെ മന്ത്രങ്ങൾ വേറെ പലതുണ്ട് പ്രൊട്ടസ്റ്റന്റുണ്ട് മറ്റവരുണ്ട് അപ്പോ ഓരോരുത്തരുടെയും അവരുടെ ആരാധനയുടെ വ്യത്യാസമുണ്ട് പ്രാർത്ഥനയുടെ വ്യത്യാസമുണ്ട് ഓരോ കാര്യങ്ങളിലും ഒത്തിരി കൊണ്ടന്നെ അങ്ങോട്ട് പോയപ്പോ നമ്മുടെ ബ്രഹ്മം കയ്യിൽ നിന്ന് പോകും ബ്രഹ്മത്തിലേക്ക് വരാം ബ്രഹ്മത്തിൽ പറയുന്ന എന്താണ് ഇത് പ്രത്യേകമായി മനസ്സിലാക്കി ഇടം മായ അതിൽ നിന്നുണ്ടായ അന്ധകരണം അന്ധകരണവും ബ്രഹ്മവും തമ്മിലൊരു താതാത്മ്യം വന്നു താതാത്മ്യം വന്നപ്പോഴാണ് ജ്ഞാനം എന്നുള്ള അനുഭവം ഉണ്ടാകുന്നത് അത് ജീവന ജീവന്റെ അനുഭവമാണ് അത് ശുദ്ധമായ ബ്രഹ്മം അല്ല അതാണ് ഇവിടെ പക്ഷികാരൻ പറഞ്ഞത് ഞാനെന്ന് പറയുന്ന അനുഭവത്തിൽ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞത് ഈ ജീവനെ അറിയുന്നു ശുദ്ധമായ ബ്രഹ്മത്തെ അറിയുന്നു അല്ല ഇതൊക്കെ വ്യാഖ്യാനത്തിന്ന് മനസ്സിലാക്കണം ഇതാണെന്ന് പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയും പോലെ Oh um.